അതുപോലെ ശ്രദ്ധാവത ബ്രഹ്മി നിഷേധം അതിക്രമ്യവർത്തമാന പ്രത്യേകിന്നശന അവിടെ എന്താണ് പറയുന്നത് സാധാരണ മനുഷ്യരെ പോലെ സംസാരികയു ശ്രദ്ധാവഗത തത്വവി ബ ബ്രഹ്മജ്ഞാനമുള്ളവനും നിഷേധം അതിക്രമ്യ പ്രവർത്തമാനഹ അവിടെ ശ്രദ്ധാവകത എന്ന് പറയുന്നത് ശബ്ദ അവഗത ബ്രഹ്മം എന്നുകൊണ്ട് കുഴപ്പമില്ല ഏതാ ബ്രഹ്മജ്ഞാനി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നിഷേധം അതിക്രമി പ്രവർത്തനമാണ് നിഷേധത്തെ മറികടന്ന് പ്രവർത്തിച്ചുനേ എന്ന് പറയുന്ന നിഷേധത്തെ അതിക്രമിച്ച് പ്രവർത്തിച്ചാൽ പ്രത്യവേദി പാപം നേടും അനു പാപമുണ്ടാകും ഇതി അതുകൊണ്ട് ഭിന്ന ഭിന്നകർമ്മ ദർശനാഭ്യമം അതുകൊണ്ട് നിഷേധത്തെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനി സംഭവിക്കില്ലെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് പ്രവർത്തിച്ചാൽ പാപമുണ്ടാവും അതുകൊണ്ട് അവർ പ്രവർത്തിക്കില്ല ബ്രഹ്മജ്ഞാനി എന്നാണ് ാരൻ്റെ അഭിപ്രായം അത്ര ക്ലിയർ അല്ല കാരണം പ്രവർത്തിച്ചാൽ പാപം ഉണ്ടാവും മദ്യപിച്ചു കഴിഞ്ഞാൽ പാപമുണ്ടാവും അതുകൊണ്ട് മദ്യപിക്കുന്നില്ലെന്ന് പറയുന്നത് അടുത്ത് അവിടെ മദ്യപിച്ചാൽ നിഷിദ്ധമായൊരു കർമ്മം ചെയ്താൽ പാപം ഉണ്ടാവും എന്ന് പറയുന്നത് ശ്രദ്ധയുള്ളവനെ അങ്ങനെ കരുതാൻ പറ്റും കാരണം പുണ്യം പാവം ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധ ഉള്ളവർ ശ്രദ്ധയെ വരുന്ന കാര്യങ്ങൾ കാരണം പുണ്യവും പാവവും ഏതെത്തി പറഞ്ഞിരിക്കുന്നു അപ്പോൾ യാഗം ചെയ്താൽ പുണ്യം കിട്ടും അപ്പം യാഗം ശ്രദ്ധയുള്ളവനെ ചെയ്യത്തുള്ളൂ യാഗം ചെയ്യുന്നവന് പുണ്യം ഉണ്ടാകുമെന്നുള്ള ശ്രദ്ധയുണ്ട് വിശ്വാസമുണ്ട് അപ്പോൾ ഇതിലൊക്കെ വിശ്വാസമുള്ളവനാണ് യാഗം ചെയ്യുന്നത് അത് അപ്പോൾ പുണ്യം എന്ന് പറയുന്നത് ശ്രദ്ധ സംഭവിക്കുന്ന വിശ്വാസത്തിനെ ആശ്രയിച്ച് വിശ്വാസത്തിൻ്റെ വിഷയമാണത് വിധിയെ സംബന്ധിച്ച് വിശ്വാസമുള്ളതിനെ യാഗം ചെയ്യും യാഗം ചെയ്താൽ പുണ്യം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് അപൂർവം പുണ്യം അവ യാഗം ചെയ്യുന്നു അതൊക്കെ ശ്രദ്ധയെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് യാഗം ചെയ്യത്തില്ല പുണ്യം ഉണ്ടാകത്തില്ല ഇനി പാപത്തെ സംബന്ധിച്ച് മദ്യപാനം പാപ കർമ്മമാണെന്ന് പറയുന്നു അപ്പോൾ മദ്യപാനം ചെയ്യുന്ന വിധിച്ചിട്ടില്ല നിഷേധിച്ചിട്ടേ അപ്പം അവിടെ മദ്യപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വിധിയില്ലാത്തതുകൊണ്ട് തന്നെ ശ്രദ്ധയുടെ വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് രാഗം കൊണ്ട് പ്രവർത്തിക്കുന്നു പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന പാപം എന്ന് പറയുന്നത് മദ്യപിച്ചാൽ പാപമുണ്ടാകും എന്നൊരു കാര്യം പറയണമെങ്കിൽ പാപം എന്ന് പറയുന്നത് ശ്രദ്ധയെ ആശ്രയിക്കുന്ന കാര്യമാണ് പിന്നെ അവിടെ പാപമില്ല മദ്യപിച്ചാൽ ദോഷം പാപമല്ല ഉണ്ടാകും മദ്യപിച്ചു കഴിഞ്ഞാൽ എല്ലാം ബുദ്ധിപുട്ടു ഗുരു പറഞ്ഞിട്ടുള്ളത് എന്നാൽ മദ്യപിച്ചാൽ ആർക്കും പാപം ഉണ്ടാകത്തില്ല പാപം എന്ന് പറയുന്നത് എന്താണ് പുരോഹിതന്റെ ഒരു തട്ടിപ്പാണ് പണ്ട് ബ്രാഹ്മണനെ കൊന്നുകഴി കൊല്ലരുതെന്ന് പറഞ്ഞു എന്തുകൊണ്ട് കൊന്നുകഴിഞ്ഞാൽ പാപം കിട്ടും എന്ന് പറയും പേടിച്ച് അപ്പം അങ്ങനെ പാപം ഇതുണ്ടാക്കി കാരണം പഴയകാലത്ത് ശിക്ഷ നടപ്പിലാക്കുന്ന രാജാക്കന്മാരാണ് രാജാക്കന്മാര് കുറ്റം ചെയ്ത അതിനനുസരിച്ച് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ജാതിക്കാർക്കും തുല്യ ശിക്ഷയായിരിക്കണം കുറ്റത്തിനനുസരിച്ച് ഇപ്പം ബ്രാഹ്മണനൊരു കടത്ത കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരു കൊലപാതകം തന്നെ നടത്തി ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല ബ്രാഹ്മണനെ രക്ഷിക്കാം അതിനുവേണ്ടി ബ്രാഹ്മണൻ എഴുതി വെച്ചാണെന്ത് ബ്രാഹ്മണനെ കൊന്നുകഴിഞ്ഞാൽ രാജാവ് ബ്രാഹ്മണനെ കൊന്നുകഴിഞ്ഞാൽ രാജാവിന് പ്രത്യക്ഷമായും ഒരു കുഴപ്പമില്ല ആരെ കൊല്ലം പോലെ തന്നെയാണ് ബ്രാഹ്മണനെ കൊന്നുകഴിഞ്ഞാൽ അഞ്ചാവും അത്രയല്ല പക്ഷേ ബ്രാഹ്മണൻ തന്നെ എന്ത് ചെയ്യാ പുരോഹിതൻ ബ്രാഹ്മണനെ കൊന്നുകഴിഞ്ഞാൽ പാപം ഉണ്ടാവും പാപം എന്ന് വെച്ചാൽ പിന്നെ മരണശേഷം അനേകം ജന്മങ്ങളെ അനുഭവിക്കേണ്ടതാണ് അപ്പം ഇതിൽ വിശ്വസിച്ചിട്ട് ക്ഷത്രിയനായ രാജാവന്തിയും ബ്രാഹ്മണനെ കൊല്ലത്തില്ല എന്ത് കൂട്ടം ചെയ്താൽ ഇപ്പൊ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി എഴുതി വച്ചാണെങ്കിൽ ബ്രാഹ്മണനൊക്കെ ഒന്ന് ആ പാപം കിട്ടുന്നു ഇപ്പൊ പാപമെന്ന് പറയുന്ന ആശയം ഇങ്ങനെ ഉണ്ടാവുന്നു ഇപ്പൊ പാപം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് പുനർജന്മവുമായി ബന്ധപ്പെട്ടതുമാണ് പുനർജന്മില്ലെങ്കിൽ പിന്നെ പാപം കൊണ്ടെന്താ കാര്യം പാപമെന്ന് പറയുന്നത് വരും ജന്മങ്ങൾ പാപ ഫലം അനുഭവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പം നിഷേധകർമ്മം എന്ന് പറയുന്നതിൽ ഒരാള് പ്രവർത്തിക്കുന്നതിന് ബ്രാഹ്മണന് കൊല്ലുക ആ പ്രവൃത്തി ചെയ്യുന്നതിന് അവിടെ വിശ്വാ വിശ്വാസം എന്ന് വെച്ചാൽ ശാസ്ത്രത്തിലുള്ള വിശ്വാസം അതിന്റെ ആവശ്യമുണ്ട് അതിന് രാഗം കൊണ്ടാകും പ്രവർത്തിക്കും അങ്ങനെ ദേഷ്യം തോന്നി കൊല്ലുന്നത് ദേഷ്യം കൊണ്ടാണ് ദേഷ്യം കൊണ്ട് പ്രവർത്തിക്കും പക്ഷെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പാപം ഉണ്ടാവുമെന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിൽ പറയുന്നതാണ് അത് വിശ്വാസത്തിന്റെ വിഷയമാണ് ഇപ്പം പാവധികാരം പറയുന്നത് എന്താണോ നിഷേധവിധികൾ വിശ്വാസത്തെ ആശ്രയിക്കുന്നില്ലെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയില്ല ഭാഗികമായി ശരിയുണ്ട് എന്തുകൊണ്ട് നിഷേധ പ്രവൃത്തികൾ രാഗത്തെ ആ ശരി അവനവന്റെ ഉള്ളിലുള്ള രാഗമല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് ചെയ്യുന്നതാണ് മദ്യപിക്കുന്ന രാഗം കൊണ്ട് ബ്രാഹ്മണനെ കൊല്ലുന്ന ദേഷ്യം കൊണ്ട് അത് ശരിയാണ് പക്ഷെ അതിൽ നിന്ന് പാപമുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അത് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതാണ് അവിശ്വാസത്തിന്റെ വിഷയമാണ് അപ്പം നിഷേധവിധി വിശ്വാസത്തെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരി അല്ല ഭഗവതികാരം പറയും ഭാഗികമായും അത് ശരിയാകുന്നു മാത്രമല്ല പറയുന്നു അങ്ങനെ ബ്രഹ്മജ്ഞാനി ചെയ്തു കഴിഞ്ഞാലും പാപമുണ്ടാവും ബ്രഹ്മജ്ഞാനി മദ്യപിച്ചാലും എന്തുണ്ടാവും പാപമുണ്ടാവും ബുദ്ധിക്ക് താരാറുണ്ടാവും എന്നല്ല പറയും ഇപ്പോൾ വാസ്തവത്തിലുള്ള പ്രശ്നമാണ് പറയുന്നത് ബുദ്ധി കേടാകുമെന്നുള്ള കാര്യം പറയുന്നില്ല പിന്നെ വിശ്വാസത്തിന്റെ കാര്യമാണ് പറയുന്നു അപ്പോൾ നിഷേധവിധിയും എന്താണ് പാപം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിഷേധിച്ച കാര്യം ചെയ്താൽ പാപം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ വിഷയമാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നു ചെയ്യരുതെന്ന് ചെയ്ത പാപം ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്താണ് നിഷേധവിധികൾ അവിടെ ശ്രദ്ധയെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല ദാമ്പതികാരം പറയുന്ന നിഷേധവിധികളും ഭാഗികമായി വിശ്വാസത്തെ ആശ്രയിക്കും അപ്പോൾ ബ്രഹ്മജ്ഞാനി നിഷേധം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മദ്യം വെച്ചു കഴിഞ്ഞാൽ പറയുന്ന പാപം ഉണ്ടാവും എന്നാണ് ബ്രഹ്മജ്ഞാനി മദ്യപിക്കില്ലെന്നാണ് എന്നാണ് പറയുന്നത് പാപമുണ്ടാകുമെന്ന് പറഞ്ഞ് മദ്യപിക്കില്ല എന്നാണ് അതുകൊണ്ട് എന്താണ് നിഷിദ്ധകർമ്മത്തെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കുക ആ ദോഷം ബ്രഹ്മജ്ഞാനി വരത്തില്ലെന്നാണ് മനസിലായോ നിഷിദ്ധമായ പ്രവൃത്തികളെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കുക എന്നിട്ട് ദോഷം ബ്രഹ്മഞ്ജാനി വരത്തില്ലെന്നുകൊണ്ട് നിഷിദ്ധമായ പ്രവൃത്തിയാണ് മദ്യം കുടിക്കുക അതൊരു നിഷേധമാണ് ആ നിഷേധത്തെ ഉല്ലംഘിച്ചിട്ട് മദ്യം കുടിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഒരിക്കലും ബ്രഹ്മുണ്ടാകത്തില്ല എന്തുകൊണ്ട് അങ്ങനെ കുടിച്ചാൽ പാപം ഉണ്ടാവും എന്നാണ് ഇപ്പൊ പാപം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു മദ്യം കുടിക്കയില്ല പക്ഷെ പാവം ഉണ്ടാവും എന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മജ്ഞാന് സ്വീകരിക്കണമെങ്കിൽ എന്തോരും അത് വിശ്വാസത്തിന്റെ വിഷയമാവും നിഷേധത്തില് ഒന്ന് ഭഗവധികാരം പറയുന്നതിന് ഒരു വിഷം നിഷേധവിധികളിൽ ശ്രദ്ധയുടെ ആവശ്യമില്ലാന്ന് പറയുന്നത് പൂർണ്ണമായും ശരി അല്ല നിഷേധ രാഗദ്വേഷങ്ങളാണ് നിഷേധത്തിൽ പ്രവർത്തിക്കുന്നെങ്കിലും ഫലം പാവം എന്ന് പറയുമ്പോൾ ശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ് അത് വിശ്വാസത്തിൻ്റെ വിഷയം പുണ്യവും പാവവും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അതിന് യാതൊരു അർത്ഥവുമില്ല ഒരാള് പാവകർമ്മം ചെയ്താലോ പാവം കിട്ടത്തില്ലേ കിട്ടുക കിട്ടത്തില്ലേ ഒരാളൊരു പാവപ്രവർത്തിയാണ് അയാൾക്ക് പാവം കിട്ടൂ കിട്ടു ഒരാളൊരു പാവം ചെയ്താൽ പാവം കിട്ടൂ െ പിന്നെ ഒരു പ്രവൃത്തി പാപമാണെന്ന് അങ്ങനെയാ തീരുമാനിക്കുന്നു പാപമാണെന്ന് തീരുമാനിക്കുന്നു ശാസ്ത്രം നിഷേധിച്ചതാണ് പെയ്യരുത് എന്ന് പറയുന്നതാണ് പാപകർമ്മം മനസ്സിലായേ ഇപ്പൊ നിഷേധവിധികളിൽ നിന്നാണ് ഇത് പാപമാണെന്ന് മനസിലാക്കുന്നത് അപ്പൊ മദ്യം കുടിക്കരുത് രാവണനെ കൊല്ലരുത് എന്ന് പറയുന്നത് നിഷേധവിധികളുണ്ട് ഇതൊക്കെ പാപമാണ് പാപകർമ്മമാണ് അതിന്റെ ഫലമായിട്ട് പാപം ഉണ്ടാകും കർമ്മത്തിനെയും പാപയാ പ്രവൃത്തി പാവമാണ് പ്രവൃത്തിയുടെ ഫലമായി പാപസംസ്കാരം ഉണ്ടാവും ആ പാപസംസ്കാരമാണ് ഭാവിയില് മോശം ജന്മങ്ങൾക്ക് കാരണമായി തീരുന്നു ഇതാണ് ആര് പറയുന്നത് പുരോഹിതം അപ്പോ ഇത് ശരിയാണോന്ന ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടല്ലേ പുരോഹിതം പറഞ്ഞുകൊണ്ടൊന്നും ശരിയാകത്തില്ല അങ്ങനെ പറയാൻ ശരി എന്തുകൊണ്ടല്ലാസ്ത്രത്തിൽ അനുശാസിക്കുന്നില്ലല്ലോ വേദം പറയുന്നോണ്ടാ പറയുന്നത് ശാസ്ത്രമാണ് നിഷേധ വിധിന്ന് പറയുന്നത് ശാസ്ത്രത്തെയാണ് പാപം ചെയ്യുന്നവർ കാണുന്നില്ല അങ്ങനെയുള്ള മനുഷ്യന് വിശ്വാസം വേണ്ടേ പാപ പ്രവൃത്തി ചെയ്ത പാപം ഉണ്ടാകും അതാണ് ഞാൻ ചോദിക്കുന്നത് ചോദ്യത്തിന് നേരിട്ട് ഉത്തരം പറയുക പാവ പ്രവർത്തി ചെയ്താ പാവം ഉണ്ടാവും നിഞ്ഞാ മിഞ്ഞാ പറയാൻ ൊട്ട് കൊള്ളണമെങ്കിൽ വിശ്വസിക്കണോ വിശ്വാസം വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിലേ ലഹരി ഉണ്ടോ മദ്യം കുടിച്ചോ വിശ്വസിക്കുകയും വേണം അതായത് പാപകർമ്മം ചെയ്തു കഴിഞ്ഞാൽ പാപ എന്ന് പറയുന്ന സംസ്കാരം ഉണ്ടാവും പറയുന്നത് പുരോഹിതന്റെ തട്ടിപ്പാണ് മനസിലായോ പിന്നെ പാപകർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്താ സംഭവിക്കും എന്താ സംഭവിക്കുന്നു അതായത് ആദ്യം പാപകർമ്മം എന്താണെന്ന് എന്താണെന്ന് മനസ്സിലാക്കണം ഒരു കർമ്മത്തെ പാപകർമ്മം എന്ന് വിളിക്കുകയാണെങ്കിൽ പഴയ കാലത്ത് പാപകർമ്മം എന്ന് പറയുന്നത് എന്താണ് അത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇന്നത് പുണ്യം ഇന്നത് ഇന്നത് ദാനം പുണ്യകർമ്മം മദ്യപാനം പാപകർമ്മം ദാനം പുണ്യകർമ്മ അത് ചെയ്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും യാഗം പുണ്യകർമ്മം അതിൽ നിന്ന് പുണ്യം കിട്ടും ഇത് വ്യക്തമായി മനസ്സിലാക്കണം മനസ്സിലായ ബ്രാഹ്മണനെ കൊല്ലുന്നത് പാപം അതിൽ നിന്ന് പാപം ഉണ്ടാവും മദ്യപിക്കുന്നത് പാപം അതിൽ നിന്ന് പാപം ഉണ്ടാവും മോഷണം പാപകർമ്മമാണ് അതിൽ നിന്ന് പാപം ഉണ്ടാവും പാപസംസ്കാരമുണ്ട് ഇതാണ് പഴയ ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇതൊക്കെ അസംബന്ധമാണ് മനസിലായ ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ദാനം ചെയ്യുക ദാനം ചെയ്യാന്ന് വെച്ച എന്താണ് ഇല്ലാത്ത ഒരാൾക്ക് അയാൾക്ക് ആവശ്യമുള്ള ഒരു സാധനം ഉള്ളവൻ കൊടുക്കുന്നതാണ് ദാനമെങ്കിൽ അതൊരു നല്ല പ്രവൃത്തിയാണ് മനസിലായ അതൊരു സൽ പുണ്യവും മറ്റേ സംഭാവമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ നമ്മളൊരു നൽ നല്ല പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു മനുഷ്യന് സന്തോഷവും കൊടുക്കുന്നത് നല്ല പ്രവർത്തി ചെയ സന്തോഷം തനിക്കും ഉണ്ടാവും അതൊരു സാമൂഹ്യമായ നല്ല ഒരു കാര്യം അല്ലാതെ പുണ്യമൊന്നും ഇനി മദ്യപാനം ഇനി ബ്രാഹ്മണനെ കൊല്ലരുതെന്ന് പറഞ്ഞു ബ്രാഹ്മണൻ കൊല്ലേണ്ട കുറ്റം ഒരു രാജ്യത്ത് കൊല്ലാനുള്ള നിയമം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കൊല്ലുന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനെയും കൊല്ല കുഴപ്പമൊന്നും അതിന് പാപമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു നിയമം ഇല്ല എങ്കിൽ ആരെയും കൊല്ലാൻ പാടില്ല ബ്രാഹ്മണനെയും കൊല്ലാൻ പാടില്ല ആരെയും കൊല്ലാൻ പാടില്ല അത് എന്താണ് ബ്രാഹ്മണനൊരു തെറ്റ് ചെയ്ത് ആ തെറ്റിന് ബ്രാഹ്മണന് ശിക്ഷ കിട്ടുകയാണ് പാപമല്ല അത് ശിക്ഷയാണ് അത് രാജ്യത്ത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല അത് നിയമം അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത് മദ്യപിക്കുന്നത് മദ്യപിക്കുന്ന പാപമാണോ അല്ല മദ്യപിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അത് ആരോഗ്യത്തെ സംബന്ധിച്ചും ശാരീരിക മാനസികമായ ആരോഗ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്താണോ ഒരു ആരോഗ്യ വിദഗ്ദ്ധൻ പറയുകയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ചെയ്യുന്ന പ്രവൃത്തി ഒരു തെറ്റായ പ്രവൃത്തിയാണ് ആ പ്രവൃത്തി ക്ക് ശാരീരികവും മാനസികവുമായ ദോഷങ്ങളുണ്ടാവും ഉണ്ടാവും പറഞ്ഞു ബുദ്ധി കെട്ടുപോകുന്നു പാപവും പുണ്യവും പറയുന്ന രണ്ടു കാര്യങ്ങളും എന്താണ് പുരോഹിതൻ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ ദാനം ചെയ്ത പുണ്യം കിട്ടും പുണ്യം കിട്ടിയാതെയും സ്വർഗത്തും എന്തിനു പറഞ്ഞു ഈ ക്ഷത്രിയന്മാരായ രാജാക്കന്മാരെല്ലാം ഇവർക്ക് സ്വർണവും മറ്റും പശുവിനെയും മറ്റും ദാനം ചെയ്യാൻ വേണ്ടി പെണ്ണിനെ അവരെ ദാനം ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ ഈ ശത്രുവിനെന്ത് കിട്ടും പുണ്യം കിട്ടിയെന്ത് സ്വർഗത്തും ഈ പുരോഹിതനെന്ത് കിട്ടും ഇവിടെ കാശും പശുവും പെണ്ണും ഒക്കെ കിട്ടും അപ്പൊ തനിക്ക് കാശും പശുവും പെണ്ണും കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു തട്ടിപ്പാണെന്താ പുണ്യം മനസിലായ സ്വാർത്ഥത കൊണ്ടുണ്ടാക്കി വെച്ചു അതില്ലാത്തവന് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല എന്തുകൊണ്ടല്ല കാരണം സെൽപാത്രത്തിലേ കൊടുക്കാവൂ എന്നുവെച്ചാ സെൽപാത്രം ആരാണ് ബ്രാഹ്മണൻ സൂത്രനും രണ്ടാളിനും ഒക്കെയോ അവന് കൊടുത്തു കഴിഞ്ഞാൽ പാപം കിട്ടും എന്ന് വേണ്ടി വെച്ചാൽ എല്ലാ എവിടെ വരണം തനിക്ക് തന്നെ വരണം മനസിലായോ ഇതൊക്കെ പഴയ തട്ടിപ്പുകളാണ് അതുപോലെ തന്നെ പാപം എന്ന് പറയുന്ന ഒന്നുമില്ല പിന്നെ തെറ്റായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അനുശിക്ഷ പിടിച്ചാൽ ശിക്ഷ പിടിച്ചില്ലെങ്കിൽ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടാലും ചെയ്യുന്നവനെന്ത് വരും തെറ്റ് കുറ്റബോധം ഉണ്ടാവും അതൊരു ശിക്ഷയാണ് പിടിച്ചില്ലെങ്കിൽ കുറ്റബോധം ഉണ്ടായാൽ തന്നെ അതൊരു ശിക്ഷയാണ് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ രാജ്യത്തെ നിയമസേന ശിക്ഷ കിട്ടും അല്ല പാവകൾ കിട്ടും അതുകൊണ്ട് സെൽപ്രവൃത്തി ചെയ്യണം തനിക്ക് വേണ്ടിയും എന്നവർക്ക് വേണ്ടിയും ദുശ്യപ്രവൃത്തി ചെയ്യാൻ പാടില്ല അതിന് ശിക്ഷ മനസിലായോ അതുകൊണ്ട് ബ്രഹ്മജ്ഞാന് കുടിക്കുന്നില്ല എന്തുകൊണ്ട് കുടിക്കുന്നില്ല ബ്രഹ്മജ്ഞാന് കുടിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം പോവും കാരണം ബ്രെയിൻ കേടാകത്തില്ല അപ്പം ബ്രഹ്മജ്ഞാനം എവിടെയായിരിക്കുന്നു ബ്രെയിൻ അത് പോവും പിന്നെ ബ്രഹ്മജ്ഞാനം കാണും അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം കുടിക്കത്തില്ല കുടിച്ചാൽ ബ്രഹ്മജ്ഞാനം പോയി എല്ലാ കൺട്രോളും പോവും അതുകൊണ്ടാണ് അല്ല പാപം വരുമെന്നു പറഞ്ഞുകൊണ്ടെല്ലാം ബ്രഹ്മജ്ഞാന് കുടിക്കുകയായി എന്നിന്നും മനസ്സിലാവും പക്ഷെ പാമതികാരൻ നേതാക്കൾക്ക് എഴുതുന്ന കാലഘട്ടത്തിൽ ഇവരൊക്കെ വിശ്വസിച്ചിരുന്നത് ഇവരൊക്കെ പുരോഹിത പക്ഷത്തോ ചിന്തിക്കുന്നവരാണ് വേദത്തിൽ പറഞ്ഞ കാര്യം ചെയ്താൽ പുണ്യം കിട്ടും നിഷേധിച്ച കാര്യം ചെയ്തു പാപം കിട്ടും ഇനി ഇതിനും ശ്രദ്ധ വിശ്വാസമുള്ളവനെ യാഗം പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യത്തുള്ളൂ പുണ്യപ്രവൃത്തി ചെയ്യത്തുള്ളു അപ്പോൾ അവനും പുണ്യം ഉണ്ടാകും പിന്നെ ഇവിടെ പറഞ്ഞല്ലോ നിഷിദ്ധമായ കർമ്മങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല ശരിയാണ് ബ്രാഹ്മണർ വേദത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല അതവൻ്റെ ദേഷ്യം കൊണ്ടെന്ന് പോലും പക്ഷേ കൊന്നുകഴിഞ്ഞാൽ ഇവർ പറയുന്നതനുസരിച്ച് ആര് ഈ പുരോഹിതന്മാര് പറയുന്ന അനുസരിച്ച് അവിടെ സ്ഥിരത്തെ ആവശ്യമില്ലല്ലോ കൊല്ലുന്നതിന് കൊന്നുകഴിഞ്ഞാൽ വിശ്വാസം ആവശ്യമില്ലാത്ത കൊണ്ട് തന്നെ എന്താണ് ശാസ്ത്രത്തെ വിശ്വാസമുള്ളവനായാലും ശരി വിശ്വാസം ഇല്ലാത്തവനായാലും ശരി അവന് പാപം കിട്ടും അതാണ് അവന്റെ ബുദ്ധി അവന് എനിക്ക് പാപം കിട്ടുമെന്ന് വിശ്വസിക്കേണ്ട കാര്യം ഇല്ല കാരണം കൊല കൊലക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല കൊല്ലുന്ന ദേഷ്യം കൊണ്ടാണ് ദേഷ്യം കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫലം എന്താണ് പാപം അത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചലങ്ങളും കിട്ടും അവിടെ വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് പക്ഷെ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് പറയുന്നത് ബ്രഹ്മജ്ഞാനിക്ക് ശാസ്ത്രം പ്രമാണമേ അല്ല സ്വന്തം സ്വന്തം കാര്യത്തിൽ കാരണം ശാസ്ത്രമൊക്കെ മിഥ്യയാണെന്ന് അറിയുന്നുണ്ട് ശാസ്ത്രത്തിന്റെ പ്രമാണമനുസരിച്ച് അയാൾക്ക് വിധി വിഹിതമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള യാതൊരു ബാധ്യതയില്ല അക്കാര്യത്തിലും ശാസ്ത്രം പ്രമാണമല്ല പിന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ കാമധികാരം പറയുന്നത് നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാപം ഉണ്ടാകും അതുകൊണ്ട് ചെയ്യില്ല എന്നാണ് അത് ശരിയല്ല ബ്രഹ്മഞ്ജാന് നിഷിദ്ധമായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പാപം ഉണ്ടാവും അതുകൊണ്ട് ചെയ്യത്തില്ല എന്നാണ് അങ്ങനെ എന്തുകൊണ്ട് ബ്രഹ്മജാനെ കുറിച്ച് പറയുന്നത് കർമ്മങ്ങൾ എന്തൊക്കെയാണ് സഞ്ചിതം പ്രാരബ്ധം ആകാം സഞ്ചിതമെന്ന് വെച്ചാൽ ഇതുവരെയുള്ള ജന്മങ്ങളെ സമ്പാദിച്ചു വച്ചാണെന്ത് കർമ്മ സംസ്കാരം അങ്ങനെയാണ് സഞ്ചിതം അതിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് കാരണമായ തീർന്ന സംസ്കാരം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു അതിനാണ് എന്തുപറയുന്നത് പ്രാരം ഈ പ്രാരബ്ദ കർമ്മം ഒഴികെ സഞ്ചിതം പൂർണമായും നശിക്കും ഇനി ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന എല്ലാ കർമ്മ സംസ്കാരങ്ങളും അതുകൊണ്ട് ജന്മം ഉണ്ടാകുന്നില്ല പിന്നെ ആഗാമി എന്ന് പറയുന്ന ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടാകുന്ന സംസ്കാരം ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന കർമ്മ സംസ്കാരം അതിനാണ് ആഗാമി എന്ന് പറയുന്നത് ഭാവി ജന്മത്തിന് കാരണമാകുന്നത് അതും നശിച്ചു അതും നശിക്കും എന്നാണ് അവർ പറയുന്നത് അദ്വീതികള് പറയുന്നത് അപ്പൊ സഞ്ജതു പ്രാരബ്ധഴികള സഞ്ജതുവും നശിക്കും ആഗാമിയും നശിക്കും ഈ ബ്രഹ്മജ്ഞാനി എടുത്തു നോക്കുക ബ്രഹ്മജ്ഞാനി കുടിച്ചു കൊന്നിരിക്കട്ടെ അയാൾക്ക് പാപുണ്ടാവും എന്തുകൊണ്ട് അതുകൊണ്ടുണ്ടാവത്തില്ല പാപശാസ്ത്രം നിഷേധിച്ച ശാസ്ത്രം നിഷേധിച്ച അതുകൊണ്ട് പാപം ഉണ്ടാവേണ്ടതാണ് ബ്രഹ്മജ്ഞാനിക്ക് പാപം ഉണ്ടാവുന്നു എന്തുകൊണ്ട് അതുകൊണ്ടാണ് പാപുണ്ടാകുന്നത് വിശ്വാസം ഇല്ലാത്തവൻ ചെയ്താലും പാപം ഉണ്ടാവും എന്നാണ് പറയുന്നത് വിശ്വാസത്തിന്റെ ആവശ്യമില്ല ഇപ്പൊ ബ്രഹ്മജ്ഞാനിക്ക് പാപം ഉണ്ടാവും എന്നാണ് കള്ളപിടിച്ചത് ഒന്നും തലയിൽ അറങ്ങില്ല ആ ബ്രഹ്മജ്ഞാനം കൊണ്ട് ആകാമി നശിച്ചും രണ്ടു തരത്തിൽ പറയും ഒന്നുകിൽ ഇപ്പ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സംസ്കാരം ഉണ്ടാകാതെ ഇത് പ്രതിബന്ധകമാവും ബ്രഹ്മജ്ഞാനം സംസ്കാരമേ ഉണ്ടാകും ഇനി എന്തെങ്കിലും സംസ്കാരം ഉണ്ടായെന്ന് നിശ്ചവും അപ്പം ബ്രഹ്മജ്ഞാന് കണ്ടുപിടിച്ചാൽ പാവം ഉണ്ടാവും അതുകൊണ്ട് കള്ളുപിടിക്കത്തില്ല എന്നാണ് ഭാമതികാരം പറയുന്നത് അത് ശരിയല്ല ബ്രഹ്മജ്ഞാന് കള്ളുപിടിച്ചാലും എന്തുണ്ടാവത്തില്ല പാവം ഉണ്ടാകത്തില്ല കാരണം ആഗാമി സംസ്കാരവും നശിച്ചു ബ്രഹ്മജ്ഞാന് ആഗാമി സംസ്കാരം നശിച്ചു അപ്പൊ ചോദ്യം ബ്രഹ്മജാന് കണ്ടുപിടിക്കും എന്തുകൊണ്ട് ശരീരം ഇതെല്ലാം മിഥ്യയാണെന്നറിയുന്നതാണ് ശരീരം മിഥ്യാണ് ബ്രെയിൻ മിഥ്യാണെന്നൊക്കെ അറിയുന്ന ആണ് ശകലം ഒന്ന് കുടിച്ചു നോക്കിയാലെന്താ കുഴപ്പം മിഥ്യന്നല്ലേ അറിയും ഈ പറയുന്ന എന്താണ് മധികാലം പറയുന്നതനുസരിച്ച് പാപം ഉണ്ടാവുകൊണ്ട് പാപം ഉണ്ടാകൊണ്ട് കുടിക്കില്ല എന്നാണ് പക്ഷെ ആഗാമി കർമ്മങ്ങളെല്ലാം ജ്ഞാനം കൊണ്ട് നശിച്ചു തോന്നുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല പാപം ഉണ്ടാകത്തില്ല ഒരു പ്രവർത്തി പക്ഷേ പിന്നെ എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാന കണ്ണു കുടിക്കുന്നില്ല അതിന് ഉത്തരം പറയണം ഇത്രയും കാലം ബ്രഹ്മജ്ഞാനിയായിരുന്നേ എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാന ഉപേക്ഷിക്കുന്നില്ല ഉത്തരം അതായത് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനത്തിനുവേണ്ടി എന്താ അനുഷ്ഠിച്ചു സാധന ചതുഷ്ടയ സമ്പത്തി നിത്യാനിത്യ വസ്തുവേഗം ഫലഭോഗ വിരാഗം സമാധിഷ്ടസമ്പത്തിശീലിച്ചവനാണ് മനസ്സിന്റെ നിഗ്രഹം ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം ഇതെല്ലാം ശ്രദ്ധിച്ച് ഇതൊക്കെ ശീലിച്ച് മനസ്സിന് ശുദ്ധി വന്നവനാണ് ആ സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്തു മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് ശമതമാദികളൊക്കെ ശീലിക്കുമ്പോ മദ്യം പിടിച്ചോണ്ടാണ് ശീലിക്കുന്നത് ഏ ആണോ അപ്പോ ശമതവാദികൾ സ്വീകരിച്ചപ്പോ തന്നെ അയാൾ എന്തു എന്തൊക്കെയാണോ തൻ്റെ മനസ്സിൻ്റെ ശുദ്ധിക്ക് തകരാറായി വരുന്ന കാര്യങ്ങളെല്ലാം അയാൾ ഉപേക്ഷിച്ച് നേരത്തെ ഉപേക്ഷിച്ച കാര്യമുണ്ട് പിന്നെയാണ് അയാൾക്കെന്തായത് ബ്രഹ്മജ്ഞാനുണ്ടായത് അപ്പോൾ മനസ്സിലിപ്പോൾ അങ്ങനെയുള്ള രാഗങ്ങളൊന്നുമില്ല അതൊക്കെ പോയാണ് മനസ്സ് ശുദ്ധമായത് അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാന് മദ്യം കുടിക്കാത്തത് എന്നാ മദ്യം കുടിച്ചാൽ പാപം വരും എന്നുള്ളത് മനസ്സിലായോ മദ്യം അയാൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള രാഗം ദ്വേഷ്യം അന്തൊക്കെ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ് രാഗവും ദ്വേഷ്യവും ഇല്ലാതിരിക്കുകയാണ് അപ്പൊ ബ്രഹ്മജ്ഞാനിയുടെ മനസ്സിൽ അങ്ങനെയുള്ള രാഗങ്ങളും ദ്വേഷങ്ങളും ഒന്നും ഇല്ല ഇല്ല അപ്പൊ പിന്നെ ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന അയാളുടെ ആ മനഃശുദ്ധി അത് അയാൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി അങ്ങനെ ജീവിച്ചാൽ മതി പിന്നീട് പ്രത്യേകിച്ച് മനഃശുദ്ധിക്ക് വേണ്ടി സാധനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിലവിലിരിക്കുന്നതിനെ സംരക്ഷിച്ചു പോയാ മതി നിലവിലിരിക്കുന്ന തന്റെ മാനസിക നിലയെ നിലനിർത്തി പോയാ മതി ഇതാണ് ശങ്കരായ ഭക്ഷണം അപ്പൊ അതുകൊണ്ട് നിലവിലിരിക്കുന്ന ആ മാനസികമായ നില സ്റ്റാറ്റസ്കോ മെയിന്റൈൻ ചെയ്യാന്ന് പറയും സ്റ്റാറ്റസ്കോ മെയിന്റൈൻ ചെയ്താൽ മതി ആര് ബ്രഹ്മജ്ഞ അപ്പം ബ്രഹ്മജ്ഞാനീന്റെയും അങ്ങനെ മുമ്പ് ശീലിച്ചു വന്ന ശമതമാലികളെല്ലാം തുറന്ന് ചീരിച്ചുകൊണ്ട് പിന്നെ ഈ ബ്രഹ്മവിചാരം എന്തെങ്കിലും മനസ്സിന് വിചാരം വേണമെന്ന് ബ്രഹ്മവിചാരമൊക്കെ ചെയ്ത് മറ്റു പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാതെ ഭക്ഷണത്തിനുവേണ്ടി ഭിക്ഷാടനമൊക്കെ എടുത്ത് അങ്ങനെ ജീവിച്ച് മരിക്കുന്ന ആളാണ് ബ്രഹ്മജ്ഞാനി ശങ്കര പിന്നെ പാപം കണ്ണുപിടിച്ച രാഗം കൊണ്ട് കണ്ണുപിടിക്കുന്നു കണ്ണുപിടിച്ച പാപം വരുക അതുകൊണ്ട് കണ്ണുപിടിക്കുന്നില്ല എന്ന് പറയുന്നത് ശങ്കരായു പറയുന്ന അദ്വൈതത്തെ ഭാവനികാരൻ ശരിക്കും മനസ്സിലാകാത്തോണ്ട് പറഞ്ഞിരിക്കുന്നു മനസ്സിലായ ഇതെല്ലാം വരുമ്പോൾ ഞാൻ നേരത്തെ എന്താണോ ശീലിച്ചത് അതനുസരിച്ച് മുമ്പ് ശമതവാദികളൊന്നും ശീലിക്കാത്ത നല്ല ആൾക്കാരുണ്ടല്ലോ അവർക്ക് മദ്യം എന്താണെന്ന് അറിയാൻ ശരീരത്തിന് കേടുപാട് കിട്ടുന്നതാണ് അതുകൊണ്ട് അതായത് ശമതമാദികളൊന്നും ശീലിക്കാത്ത നല്ല ആൾക്കാരെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത അവര് ശീലമാണ് ശ്മതമാതി ശമതമാതി ശീലിക്കാത്ത നല്ല ആളെന്ന് പറഞ്ഞു ആ നല്ല ആളുടെ ശീലത്തെയാണ് എന്ന് പറയുന്നത് ക്ഷമതമാതി അല്ലാതെ ശമതമാതി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എഴുതിവെച്ച് വായിച്ചു പഠിച്ച് കാണാൻ പാടം പഠിച്ചു എന്തെങ്കിലും ചെയ്യുന്നതല്ല നല്ല ശീലങ്ങളിൽ ശമതമാതി എന്ന് പറയും അപ്പോൾ എന്തുകൊണ്ട് മദ്യം കൊടുക്കുന്നില്ല ശരീരത്തിനും മനസ്സിനും ഒക്കെ അത് കേടാണ് അത് കുടിച്ചും കൊണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അതൊക്കെ നേരത്തെ തന്നെ ഉപയോഗിച്ചു പിന്നെ ബ്രാഹ്മണനെ കൊല്ലുന്നില്ല എന്തുകൊണ്ട് അയാൾ ആരെയും കൊല്ലുന്നില്ല അയാൾ അഹിംസാവാദിയാണ് ഒരു വീട് എറുമ്പിനും മരത്തിനും കുറഞ്ഞ് ജീവിക്കുന്ന ആളെന്തിനാണ് ബ്രാഹ്മണനെ കൊല്ലുന്നത് പാപം കിട്ടും അതുകൊണ്ട് ബ്രാഹ്മണനെ കൊല്ലാതിരിക്കുന്നതല്ല അയാൾ അഹിംസാവാദിയാണ് അയാൾ അഹിംസയും ജീവിക്കുന്നതുകൊണ്ട് അയാൾ ആരെയും കൊല്ലുന്നില്ല ബ്രാഹ്മണനെയും കൊല്ലുന്നില്ല ബ്രാഹ്മണികാരം പറയുന്നത് എന്താണ് ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണനെ കൊല്ലാത്തത് പാവം കിട്ടും അതുകൊണ്ട് ബ്രാഹ്മണനെ കൊല്ലുന്നില്ല അതുകൊണ്ട് അയാൾ കർമ്മം ചെയ്യുന്നില്ല അതല്ല അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നേരത്തെ തന്നെ അയാള് നിഷിദ്ധമായ കർമ്മങ്ങളെല്ലാം അയാൾക്ക് എന്താണോ നിഷിദ്ധമെന്ന് തോന്നുന്നത് അതെല്ലാം ശ്രമിച്ച ഇവിടെ നിഷിദ്ധമെന്ന് പറയുന്നത് ശാസ്ത്രത്തെ നിഷേധിച്ചത് വിധമെന്ന് പറയുന്നത് ശാസ്ത്രത്തെ വിധിച്ചത് അപ്പോൾ അയാൾ നേരത്തെ തന്നെ എന്തു ചെയ്തു വിഹിതമായ കർമ്മം ഉപേക്ഷിച്ചപ്പോ തന്നെ അയാൾ എന്തിനു വേഴിച്ചു വിഹിതമായ കർമ്മത്തെ ഉപേക്ഷിച്ചപ്പോ എന്തിനുപേഴ്സു നിഷിദ്ധ കർമ്മങ്ങൾ നേരത്തന്നെ എന്നിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത് വിശ്രവണം മനനം നിത്യാഹാസന ചെയ്യുന്നത് ആത്മജ്ഞാനത്തിന് വേണ്ടി ഇനി ഈ നിഷിദ്ധകർമൊന്നും ഒരാള് ചെയ്യുന്നില്ല നിഷിദ്ധമായൊരു കർമ്മവും ചെയ്യുന്നില്ല അയാള് എന്താണ് ശ്രവണം മനണമൊന്നും ചെയ്യുന്നില്ല എങ്കിലും അയാളുടെ മനസ്സെന്ന് പറയുന്ന എന്തോ ശുദ്ധ മനസ്സാണ് അയാളുടെ മനസ്സിനുള്ള ശമതമാദികളാണ് മനസ്സെങ്ങനെയെന്നുള്ളതാണ് പ്രധാനം അപ്പൊ ഇവിടെ പറയുന്നതനുസരിച്ച് ഒരാത്മ ഞാനീ നിഷിദ്ധ കർമ്മം ചെയ്യുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അങ്ങനെ ഒരു വിഷയമേ വരുന്നില്ല കാരണം അതൊക്കെ എന്തുകൊണ്ട് നേരത്തെ തന്നെ അതെല്ലാം അനുശേദിച്ചിരിക്കുകയാണ് ആ ചീടത്തിൽ നിന്നും ആണോ അയാൾക്ക് മനഃശുദ്ധിയുണ്ടായി അതുകൊണ്ട് ബ്രഹ്മജ്ഞാനമാണ് വിധിയും ബാധമല്ല നിഷേധവും ബാധമല്ല അതുകൊണ്ട് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരും തട്ടിപ്പാണ് ആൾക്കാർ പറ്റിക്കുന്ന അതിന് ബ്രഹ്മജ്ഞാനമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ശ്രീജിന്റെ സ്വാമിമാർക്കല്ലൊരു ക്ലാസ് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ ബോർഡ് കുടുംബം ഇതാണ് നിന്റെ വാസ്തവം അല്ലാതെ ഇവിടെ പ്രചരിച്ചിരിക്കുന്നൊന്നുമല്ല അങ്ങനെ സംഭവം അവിടെ ഉദിക്കുന്നുണ്ട് അത് ബാമതികാരൻ പറയുന്ന രീതിയിലേ അല്ല മനസ്സിലായോ ഇതിന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പിന്നെ വിധിയെന്ത് നിഷേധം എന്തെന്നുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അതിന് എപ്പോഴും വരും എന്തുകൊണ്ട് മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന വിധിയും മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന നിഷേധമല്ല ഇന്നത്തെ വിധിയും നിഷേധം ഇന്ന് വിധിയെ നിഷേധമെന്ന് പറയുന്നത് എന്താണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിനോട് ഒപ്പം ഒരു വ്യക്തി സ്വയംശീലിക്കുന്ന വ്യക്തിപരമായ ധാർമ്മികൾ വ്യക്തിപരമായ ധാർമ്മികത എന്ന് പറയും പക്ഷെ അത് ഭരണഘടനയ്ക്ക് എതിരാകാൻ പാടില്ല ഭരണഘടനയെ അനുകൂലിക്കുന്ന വ്യക്തി ധാർമ്മികത ഭരണഘടനയ്ക്കെതിരില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ഗാനം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ തുമ്പ് കണ്ടിക്കുന്നു സിന്നെത്തിരുന്നു ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യരുതെന്ന് അപ്പോൾ അതിന് അവരുടെ എന്താണ് മതധാർമ്മികതയാണ് അതവർക്ക് ശീലിക്കാൻ കുഴപ്പമൊന്നുമില്ല ഭരണഘടന പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് പറയുന്നത് അത് ആ വ്യക്തികൾ പക്ഷെ അവർ മറ്റുള്ളവരുടെ തുമ്പ് കണ്ടിക്കാൻ പോയാലോ അത് ജീവലംഘനമാണ് ഇങ്ങനെ മനസ്സിലാക്കണം ഇന്ന് സ്വന്തം തുമ്പ് കണ്ടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അതവരെ ഇഷ്ടം അതുകൊണ്ട് മതധാർമ്മികത പക്ഷെ മറ്റുള്ളവന്റെ തുമ്പ് കണ്ടിക്കാൻ പോയി അത് ഭരണഘടന ആ ധാർമ്മികക്ക് എതിരാണ് അത് അവർക്ക് ചെയ്യാൻ പാടുക ഹിന്ദുക്കളെ സംബന്ധിച്ചങ്ങനെ തന്നെ ഹിന്ദുക്കൾക്ക് അവരുടേതായ ഉണ്ട് ഹിന്ദുക്കൾ കുറച്ച് പേരിങ്ങനെ ഒരു നൂലിങ്ങനെ ഇടുന്നു പഴുത്തിക്കൂടെ ഇതേ പോണു നൂല് അത് അവരുടെ ധാർമ്മികതയാണ് അത് ചെയ്യാൻ പാടനെന്ന് ഭരണഘടന പറയുന്നുണ്ട് പക്ഷെ അവർ മുസ്ലിങ്ങളെ കൊണ്ട് ആ നൂലിടിക്കാൻ പോയാൽ ശരിയാവും ഇല്ല അപ്പൊ അത് അവർക്ക് ഇടാൻ പാടുള്ളൂ മറ്റുള്ളവരെ അത് ഇടയിക്കാൻ പാടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഭരണഘടനാ ധാർമികതയോടൊപ്പം തന്നെ ഒത്തുപോകുന്ന സാമൂഹ്യ ധാർമികത വ്യക്തിപരമായ ധാർമ്മികത അതെല്ലാം സ്വീകരിക്കാം ഇപ്പൊ ഒരു മനുഷ്യൻ മറ്റൊരോട് മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം അവരെ അബ്യൂസ് ചെയ്യാൻ പാടില്ല ഹർട്ട് ചെയ്യാൻ പാടില്ല മര്യാദയ്ക്ക് പെരുമാറണമെന്നൊക്കെ പറയുന്നത് ഭരണഘടനാ കാര്യങ്ങളാണ് മനസ്സിലായേ അതൊക്കെ എവിടെയാണ് വരുന്നത് പൗര അവകാശങ്ങളിലും പൗരന്റെ കടമകളിലും വരുന്ന കാര്യമാണ് പൗരന്റെ അവകാശങ്ങളുണ്ട് കടമയുണ്ട് അപ്പോൾ വേറെ ആളൊന്ന് എന്നെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതെന്റെ അവകാശത്തിൽ കടന്നു കയറുകയാണ് അത് ഭരണഘടനാ ധാർമ്മികതയ്ക്കെതിരാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല വേറെ ഒക്കെ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടെ എന്തുവരും ഭരണഘടനാ ധാർമ്മികത അവൾ പരിപാലിക്കണം അപ്പോൾ അവിടെ പറയാണ് ഞാൻ എനിക്കിഷ്ടമാണോ അവരെ പ്രവർത്തിക്കും എന്നാർക്കും പറയാൻ പറ്റില്ല ഒരാളെ ചീത്ത വിളിക്കുന്നു എനിക്ക് വേറെ ചീത്ത വിളിക്കാൻ അവകാശമുണ്ടോ അത് ഭരണഘടന എന്താണ് മറ്റൊരാളുടെ അവകാശമാണ് ചീത്ത വിളി കേൾക്കാതിരിക്കാന്ന് പറയുന്നു എനിക്ക് മറ്റൊരാളെ ചീത്ത വിളിക്കാനുള്ള അവകാശമില്ല അപ്പം ഞാനത് ചെയ്യാൻ പാടില്ല അത് ഭരണഘടന ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ചെയ്യാൻ പാടാൻ അപ്പോൾ വ്യക്തിപരമായ എനിക്കൊരു ധാർമ്മികതയുണ്ട് എന്താണ് ഞാൻ പറയും ഞാൻ ആരെയും ചീത്ത വിളിക്കത്തി വ്യക്തിപരമായ ധാർമ്മികത നിലനിർത്തി ഭരണഘടനാ ധാർമിക ഒപ്പം പോവുകയും വേണം അതാണ് ഇന്നത്തെ എന്താണ് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മൊറാലിറ്റി സാമൂഹിക ധാർമ്മികത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യന് എല്ലാം കൂടെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകണം ഇപ്പം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ക്ഷേമത്തിന് ധാർമ്മികത പണ്ടത്തെ ധാർമ്മികയിൽ എന്തുണ്ട് വിവേചനമുണ്ട് ശൂദ്രനെയും ചണ്ടാടിന്റെയും ഒക്കെ മാറ്റി നിർത്തുന്ന വിവേചനമാണ് പണ്ടത്തെ ധാർമ്മികതയുള്ളത് ഇന്നത്തെ മനുഷ്യന്റെ ധാർമ്മികതയിൽ വിവേചനം ഇല്ല അതുകൊണ്ട് എന്താണ് ധാർമ്മികത എന്ന് പറയുന്നതിൽ അഭിപ്രായ ഉണ്ടാവും അന്നും ഇന്നും ഓരോ സ്ഥലത്തും വേറെ നമ്മുടെ രാജ്യത്ത് ഇടത്തുകൂടെ വണ്ടി ഓടിക്കുന്നതാണ് ധാർമ്മികത എങ്കിൽ വേറെ ചില രാജ്യങ്ങളിലെങ്ങനെയാണ് വലത്തൂടെ വണ്ടി ഓടിക്കുന്നതാണ് ധാർമ്മികത അപ്പോൾ അവിടെ ചെന്നാൽ അതനുസരിക്കുന്ന ഇവിടെ ഇപ്പം ധാർമ്മികത മാറും ദേശമനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരും പക്ഷെ ഇതെല്ലാം എന്താണോ എല്ലായിടത്തും ഇത് ഇന്നത്തെ മനുഷ്യൻ അത് സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നോൺ ഡിസ്ക്രിമിനേഷൻ വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ ചെയ്യുന്നതാണ് അപ്പൊ പഴയ ധാർമ്മികത ഇന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല അതിലെന്തൊണ്ട് വിവേചനം ഉണ്ട് അതൊക്കെ കളയേണ്ടി ആ ധാർമ്മികത എന്തെന്നുള്ള കാര്യത്തിൽ ആൾക്കാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ബ്രഹ്മജ്ഞാനിയുടെ കാര്യം വരുമ്പോ എന്താണ് എന്തുകൊണ്ടായ അധാർമിക പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഈ പറഞ്ഞ ഉത്തരമല്ല എന്താണ് അതിന് ശരിയായ ഉത്തരം എന്തുകൊണ്ട് ഞാൻ അധാർമിക പ്രവർത്തി ചെയ്യുന്നില്ല ആറക്ട് ഇത്ര ഒരു വാക്കും നേരത്തെ തന്നെ ചിരിച്ചിട്ടുണ്ട് അതുകൊണ്ടയാളത് അയാൾ ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ സ്വാമിമാരൊക്കെ ഞങ്ങള് സ്വാമിമാരാണ് ഞങ്ങൾ എന്തും ചെയ്യും അതാണ് ഞങ്ങളെ ഒന്നും ബാധിക്കത്തില്ല മറ്റുള്ളവരെ എന്തും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്ന ഈ ഗൂണ്ടായുസങ്ങളും ദമാടിത്തരങ്ങളും എല്ലാം എന്താണ് ഇവരൊക്കെ ഇതെന്താണെന്നറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാ സ്വാമിമാരുടെ എന്തുണ്ട് ഗൂണ്ടായസം കയ്യിലൊരു എല്ലൂണ്ടായം കൊണ്ടിടുന്ന ആണ് ആൾക്കാരെ വരട്ടുന്നു ഏതെങ്കിലും ഒരു സ്വാമി വേറൊരു സ്വാമിയെ വഴി കാണുമ്പോൾ വരട്ടുന്നുണ്ടെങ്കി അതിന് പേര് പറയും എന്തു പറയാ പറയുന്നു ഏ എന്താ പറയാൻ മടിക്കുന്നു ഒരു സ്വാമി വഴിയിൽ വേറൊരു സ്വാമി കാണുമ്പോ വരട്ടെ അതിനെന്താ പേര് പറയുന്നത് ഗൂണ്ടായത് ഇപ്പൊ സ്വാമി സ്വാമിയാണ് ഗൂണ്ടയാണ് ഗൂണ്ട സ്വാമി എന്ന് വിളിക്കാൻ െ കുറിച്ച് ബോധമില്ലാതെയാണ് മനുഷ്യനെന്ത് ചെയ്യുന്നു സ്വാമിയാണ് ആയിരുന്നെന്തോ പ്രത്യേക അധികാര അവകാശങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഓരോന്ന് കാട്ടിക്കൂട്ടു ഒന്നും പാടില്ലാത്ത അറിവില്ലാത്തോണ്ട് ചെയ്യുന്നതാണ് മനസിലായോ ശരി